നിങ്ങൾ കാണാത്ത തൂണുകളില്ലാതെ അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു ഭൂമി നിങ്ങളെക്കൊണ്ട് ഇളകാതിരിക്കാൻ അതിലുറപ്പുള്ള പർവ്വതങ്ങളെ അവൻ സ്ഥാപിച്ചു അതിലെല്ലാത്തരം ജീവികളെയും അവൻ വിതച്ചു ആകാശത്തുനിന്ന് നാം വെള്ളമിറക്കി അതിലൂടെ ഉത്തമമായ എല്ലാ ജോഡികളെയും നാം മുളപ്പിച്ചു